ഏഴ് നാമത്തിൻ്റെ മഹത്വം നമുക്ക് എപ്രായർക്കെ ഇതിൽ ലേഖനം പതിനൊന്നാം അധ്യായത്തിൽ നിന്ന് നമ്മൾ ചിന്തിച്ച് വരികയായിരുന്നല്ലോ നമുക്ക് അതിൻ്റെ മുപ്പത്തി രണ്ടാമത്തെ വാക്യം നമുക്ക് ഇന്ന് നോക്കാം ഇനി എന്ത് പറയേണ്ടു ഗിതയോൻ ബാരാക്ക് ശിംഷോൻ ഇഫ്താഹ് ദാവീദ് എന്നിരവ് എന്നിവരെയും ശമൂഹയിൽ മുതലായ പ്രവാചകന്മാരെയും കുറിച്ച് വിവരിപ്പാൻ സമയം പോരാ വിശ്വാസത്താൽ അവർ രാജ്യങ്ങളെ അടക്കി നീതി നടത്തി വാഗ്ദത്തം പ്രാപിച്ചു സിംഹങ്ങളുടെ വായടച്ചു തീയുടെ ബലം കെടുത്തു വാളിൻ്റെ വായ്ക്ക് തെറ്റി ബലഹീനതയിൽ ശക്തി പ്രാപിച്ചു യുദ്ധത്തിൽ വീരന്മാരായി തീർന്നു അന്യന്മാരുടെ സൈന്യങ്ങളെ ഓടിച്ചു പ്രിയപ്പെട്ടവരെ നമ്മൾ ഈ വിശ്വാസത്തിൻ്റെ അധ്യായം എന്ന് പറയുന്ന എബ്രായർ പതിനൊന്ന് നമ്മളിങ്ങനെ പഠിച്ചു വരികയായിരുന്നല്ലോ അവിടെ ഇതാ ഓരോ വ്യക്തികളെക്കുറിച്ച് അബ്രഹാം മുതൽ ഉള്ള വ്യക്തികളെക്കുറിച്ച് പറഞ്ഞു വന്നു പറഞ്ഞു വന്നിട്ട് മോശയിലെത്തിച്ചേർന്നു മോശയെക്കുറിച്ച് പറഞ്ഞു വന്നിട്ട് പിന്നെ അത് ആ ഇസ്രായേൽ ജനം മുഴുവനിലേക്ക് കടന്നു വരുന്നതാണ് നമ്മൾ അതിൻ്റെ ഇരുപത്തിയെട്ട് ഇരുപത്തിയൊൻപതാമത്തെ വാക്യത്തിൽ നമ്മൾ കാണുന്നത് ഇരുപത്തിയെട്ടാമത്തെ വാക്യം വരെ അവൻ മോശ മോശയെക്കുറിച്ച് പറഞ്ഞു വന്നിട്ട് ഇരുപത്തിയൊൻപതിലേക്ക് വരുമ്പോൾ വിശ്വാസത്താൽ അവർ കരയില്ലെന്നപോലെ ചെങ്കടയിൽ കൂടെ കടന്നു അത് മിശ്രൈമിയർ ചെയ്യുവാൻ നോക്കിയിട്ട് മുങ്ങിപ്പോയി വിശ്വാസത്താൽ അവർ ഏഴ് ദിവസം ചുറ്റി നടന്നപ്പോൾ എരീഹോമദിൽ ഇടിഞ്ഞു വീണു എന്നിങ്ങനെ ആ വ്യക്തികളിൽ നിന്ന് ഒരു സമൂഹമെന്നുള്ള നിലയിൽ അവരുടെ അവരവരുടെ വിശ്വാസം എക്സസൈസ് ചെയ്ത വിശ്വാസത്തിൽ മുന്നോട്ട് പോയ കാര്യങ്ങളെക്കുറിച്ച് പറഞ്ഞിട്ട് എന്തു ചെയ്യുന്നു അപ്പോഴേക്കും ആ യാത്ര എവിടെ കനാലിലെത്തി കനാലിലെത്തിയപ്പോൾ അവരുടെ മുമ്പിൽ പിന്നീടുണ്ടായിരുന്നത് എന്താണ് വലിയൊരു മതിലാണ് ആ മതിലും അവർ വിശ്വാസത്താൽ ഏഴ് ദിവസം ചുറ്റി നടന്നപ്പോൾ ആ ഇരീഹോ മതിലും ഇടിഞ്ഞു വീണു പക്ഷെ അവിടെ വീണ്ടും ഒരു വ്യക്തിയിലേക്ക് പിന്നെയും അതിൻ്റെ മുപ്പത്തി ഒന്നാമത്തെ വരുമ്പോൾ വീണ്ടും ഒരു വ്യക്തിയിലേക്ക് വരികയാണ് എന്താ വ്യക്തി വിശ്വാസത്താൽ റാഹാബ് എന്ന വേശീയ ഒറ്റക്കാരെ സമാധാനത്തോടെ കൈക്കൊണ്ടു അവിശ്വാസികളോടുകൂടെ നശിക്കാതിരുന്നു ചരിത്രം എന്ന് പറയുന്നത് എപ്പോഴും എപ്പോഴും ഹിസ്റ്ററി എന്ന് പറയുന്നത് ഹിസ്റ്റോറിയാണ് എന്ന് പറയാറുണ്ട് ഹിസ്റ്ററി എന്നുള്ളത് ഹിസ്റ്റോറി പുരുഷന്മാരുടെ കഥകളാണ് പലയിടത്തും എന്ത് ചരിത്രം ചരിത്രം എന്നാൽ ഇവിടെ ദൈവജനത്തിൽ ചരിത്രം രേഖപ്പെടുത്തുമ്പോൾ അവിടെ എന്തുണ്ട് അവിടെ സ്ത്രീകൾ അതും സ്ത്രീകൾ എന്ന് തന്നെ പറയുമ്പോൾ ഇവിടെ ആരെക്കുറിച്ചാണ് പറയുന്നത് രാഹബ് എന്ന വേശ്യ നമ്മൾ ഓർത്ത് നോക്കുക അവിടെ ആ എരിഹോമതിൽ വീണ് ആ രംഗത്ത് നമ്മൾ ആരെങ്കിലും ആണ് ഈ എബ്രാഹർ പതിനൊന്ന് എഴുതുന്നതെങ്കിൽ നമ്മളാരെക്കുറിച്ചാണ് പറയുന്നത് ഓ അവിടെ യോശുവ അവരുടെ നായകനായിട്ട് അവർക്ക് നേതൃത്വം നൽകി എന്നൊക്കെ പറഞ്ഞ് അവിടെ മെൻഷൻ ചെയ്യാനായിട്ട് നമുക്ക് താല്പര്യം ആരെക്കുറിച്ചാണ് ഏ യോശുവെക്കുറിച്ചോ കാലേബിനെക്കുറിച്ചോ ഇങ്ങനെയൊക്കെയുള്ള ദൈവവചനം വളരെ നമ്മളെ നമ്മൾ വിചാരിക്കുന്നത് ഈ ദൈവവചനം ഇങ്ങനെ ആയിരിക്കുമ്പോൾ അതിൽ നിന്ന് നമുക്ക് ധാരണ എന്താ ദൈവവും നമ്മുടെ ഒരു നിർവചനത്തിനുള്ളിൽ ഒതുങ്ങുന്ന ഒരാളല്ല എന്നുള്ള കാര്യം നമ്മൾ ഓർക്കണം നമുക്കെപ്പോഴും വലിയ വലിയ നേട്ടങ്ങളും വലിയ വലിയ ചരിത്രങ്ങളും വലിയ വലിയ വീര്യപ്രവർത്തികളും വലിയ കാര്യങ്ങളിലാണ് നമ്മുടെ ശ്രദ്ധ ചരിത്രം എഴുതുമ്പോഴെപ്പോഴും നമ്മൾ നോക്കുക നമ്മളൊക്കെ സ്കൂളിൽ പഠിച്ചിട്ടുള്ള ചരിത്രത്തിലൊക്കെ എന്താ അശോക അങ്ങനെ ചെയ്തു ഈ അശോകൻ മാത്രമേ ആ കാലഘട്ടത്തിലുള്ളായിരുന്നു ഇല്ല ഇത്രയോ പാവപ്പെട്ട മനുഷ്യരുണ്ടായിരുന്നു ഏതെല്ലാം തരത്തിൽ ജീവിച്ച ആളുകളുണ്ടായിരുന്നു പക്ഷേ ചരിത്രം എഴുതുമ്പോഴെപ്പോഴും അതിൻ്റെ മുൻപന്തിയിൽ നിന്ന ആളുകളുടെ കാര്യം മാത്രം പറഞ്ഞു പോകുന്ന ഒരു കാലഘട്ടത്തിൽ ഇതാ ഇവിടെ ആരെക്കുറിച്ചാണ് പറയുന്നത് നമ്മളാണെങ്കിൽ മറന്നുപോകുന്ന ഒരു സ്ത്രീ റാഹബ് എന്നൊരു വേശ്യ അവൾ ആകെ എന്താ ചെയ്യുന്നത് ആ വന്നപ്പം പറഞ്ഞു അവൾ നമ്മൾ കഴിഞ്ഞ അതിനെക്കുറിച്ച് ചിന്തിച്ചു അവൾക്ക് ഉള്ള ഒരു പശ്ചാത്തലത്തിനപ്പുറത്തേക്ക് അവളുടെ വിശ്വാസത്തിൻ്റെ കണ്ണുകൾ തുറന്ന് അവൾ ആ വന്ന ആളുകളെ ധൈര്യപ്പെടുത്തി നിങ്ങളെക്കുറിച്ചുള്ള ശ്രുതി കേട്ടപ്പം ഞങ്ങൾ തന്നെ എന്തായിപ്പോയി ഉരുകിപ്പോയി ഉരുകിപ്പോയി നിങ്ങളുടെ മുമ്പാകെ നിങ്ങളുടെ വലിയവനായ ദൈവം ചെങ്കടലിനെ പിളർത്തി നിങ്ങളെ ഇക്കരെ കൊണ്ടുവന്ന കാര്യമൊക്കെ ഞങ്ങൾ കേൾക്കുന്നുണ്ടായിരുന്നു നിങ്ങളിന്നല്ലെങ്കിൽ നാളെ വരുമെന്നൊരു പേടിയോടെയാണ് ഞങ്ങൾ നിങ്ങൾ വന്നു നിങ്ങളുടെ ദൈവം ഈ ഈ പട്ടണത്തെ നിങ്ങൾ കേൾപ്പിച്ച് തരും എന്നൊക്കെ പറഞ്ഞ് ആ ചാരന്മാരെ പിടികൂടാനായിട്ട് വന്നവരുടെ മുമ്പിൽ നിന്ന് അവരെ ആ ചണച്ചാക്കുകളുടെ ഇടയിൽ ഒളിപ്പിച്ച് ചണത്തണ്ടുകളുടെ ഇടയിൽ ഒളിപ്പിച്ചതിന് ശേഷം പിന്നെ അവൾ അവരെ ഇറക്കി വിട്ടതും ഒക്കെ നമ്മൾ കഴിഞ്ഞ ആഴ്ച ചിന്തിച്ചു കണ്ടോ ഞാൻ പറഞ്ഞു വന്നത് മോശ അബ്രഹാം ഇസാക്ക് യാക്കോബ് എന്നിങ്ങനെ മുന്നോട്ട് വന്നു മോശയിലെത്തി മോശയിൽ നിന്ന് വന്നിട്ട് വീണ്ടും മുഖങ്ങളില്ലാത്ത ഇസ്രായേൽ ജനത ആളുകളിലേക്ക് വന്നു ആളുകളിലേക്ക് വന്നിട്ട് വീണ്ടും എന്തേ വന്നു ആ കൂട്ടത്തിൽ നിന്ന് സാധാരണ ജനങ്ങൾ ശ്രദ്ധിക്കാത്ത ഒരു സ്ത്രീയുടെ വിശ്വാസത്തിൻ്റെ നിലപാട് എടുത്തു പറഞ്ഞു ഇതൊക്കെ പറയുമ്പോൾ നമുക്കിതിൽ നിന്നൊക്കെ കിട്ടേണ്ട ഒരു ബോധ്യമെന്താണ് പ്രിയപ്പെട്ടവരെ നമ്മൾ ഒരു ഇന്നത്തെ ക്രിസ്തീയതയുടെ ചരിത്രം പറയുമ്പോൾ കർത്താവ് ഇപ്പോൾ വന്നില്ല എന്നിരിക്കട്ടെ ഇരുപത്തൊന്നാം നൂറ്റാണ്ട് കഴിഞ്ഞ് ഇരുപത്തിരണ്ടാം നൂറ്റാണ്ടിൽ ആ കർത്താവ് വന്നതെന്നിരിക്കട്ടെ അങ്ങനെ വരാൻ സാധ്യതയില്ല കാര്യങ്ങളെല്ലാം ഈ ഇരുപത്തൊന്നാം നൂറ്റാണ്ടിൽ എത്രയും വേഗം കർത്താവിൻ്റെ വരം എന്ന നിലയിലാണ് കാര്യങ്ങളെ വിളിച്ചറിയിക്കുന്നത് എങ്കിലും നമ്മളങ്ങനെ സങ്കല്പിക്കുക അങ്ങനെ സങ്കല്പിച്ചു ഈ ഇന്ത്യയിലെ അല്ലെ കേരളത്തിലെ ക്രിസ്തീയ പ്രവർത്തനങ്ങളുടെ ചരിത്രം നാളെ രേഖപ്പെടുത്തുന്നു രേഖപ്പെടുത്തുമ്പോൾ നമ്മളാരെങ്കിലും ആ ആ കാര്യത്തിൽ ഉണ്ടാകുമോ ഇല്ല ഇല്ല ഉണ്ടാകുകയില്ല അവരൊക്കെ ഈ കാലഘട്ടത്തിലെ അറിയപ്പെടുന്ന ആളുകളുടെ ചരിത്രങ്ങളൊക്കെ രേഖപ്പെടുത്തിപ്പോകും പക്ഷേ ദൈവത്തിൻ്റെ പുസ്തകത്തിൽ എങ്ങനെയായിരിക്കും ദൈവത്തിൻ്റെ പുസ്തകത്തിലെങ്ങനെ ദൈവം മനുഷ്യൻ്റെ ഒരു നിർവചനത്തെ കൊണ്ടുവന്ന് ഒതുക്കാവുന്ന ഒരാളല്ല എന്നാണ് ഞാൻ പറഞ്ഞത് ദൈവം എപ്പോഴും ഓ പ്രിയപ്പെട്ടവര് നമ്മുടെ ഒറ്റയ്ക്കുള്ള വിശ്വാസത്തിൻ്റെ ഒരു ചെറിയ നിലപാട് എന്ന് നമ്മൾ പറയുന്നത് അതൊക്കെയും കർത്താവ് കാണുന്നുണ്ട് കർത്താവ് ഈ ഭൂമിയിലായിരുന്നപ്പോൾ അപ്രീഷിയേറ്റ് ചെയ്ത അതായത് അഭിനന്ദിച്ച രണ്ട് വിശ്വാസങ്ങൾ ഏതൊക്കെയായിരുന്നു നമ്മൾ പറയാറുണ്ട് ഒരു സ്ത്രീയെ അവളെക്കുറിച്ച് പറഞ്ഞു നിൻ്റെ വിശ്വാസം വലുത് അതുപോലെ ആ ഒരാൾ തൻ്റെ ബാല്യക്കാരന് വേണ്ടി പറഞ്ഞപ്പം അവൻ്റെ വിശ്വാസവും ഗ്രേറ്റ് എന്ന് കർത്താവ് ശ്ലാഖിച്ചു നമ്മളാണെങ്കിൽ അങ്ങനെ ചെയ്യേല ഞാൻ പറഞ്ഞത് ദൈവം അങ്ങനെയാണ് ദൈവത്തെയാണല്ലോ യേശു വെളിപ്പെടുത്തിയത് അങ്ങനെയാണെങ്കിൽ ഇന്നും സഹോദരസഹോദരി എൻ്റെയും നിൻ്റെയും ഹൃദയത്തിലുള്ള കൊച്ചു കൊച്ചു തേങ്ങൽ കൊച്ചു കൊച്ചു വിഷമങ്ങൾ കൊച്ചു വിശ്വാസത്തിൻ്റെ നിലപാടുകൾ അതിനെ മറികടന്ന് പോകുന്ന ഒരു ദൈവമല്ല നമുക്കുള്ളത് ഈ കാര്യങ്ങളൊക്കെയാണ് നമുക്ക് ദൈവത്തോടുള്ള സ്നേഹം വർദ്ധിപ്പിച്ചു തരുന്നത് സമൂഹം അങ്ങനെയല്ല ലോകം അങ്ങനെയല്ല നേതാക്കളങ്ങനെയല്ല പക്ഷെ ദൈവം അങ്ങനെയാണ് പോട്ടെ നമ്മൾ പറഞ്ഞു വരുന്നത് റാഹബന്ധ വേഷ്യ രാഹബന്ധ വേശ്യയെ സമാധാനത്തോടെ കൈക്കൊണ്ട് അവിശ്വാസികളോടുകൂടെ നശിക്കാതിരുന്നു അത്രയും നമ്മൾ കഴിഞ്ഞ ആഴ്ച ചിന്തിച്ചല്ലോ പിന്നെ പിന്നെ മുപ്പത്തിരണ്ടാം വാക്യത്തിൽ ഇനി എന്ത് പറയേണ്ടു ഇനി എന്ത് പറയണ്ടു നമ്മൾ പലപ്പോഴും പറയാറുള്ളത് പോലെ ഈ എബ്രായ ലേഖനം ആരാണ് എഴുതിയത് എന്നുള്ളത് വ്യക്തമല്ല വ്യക്തമല്ല എന്നാൽ കൂടുതൽ പേരും പൗലോസാണ് എന്ന് പറയുന്നു പൗലോസ് ആയിരിക്കാനാണ് സാധ്യത കൂടുതൽ കാരണം എന്താ ആ ഇബ്രായ ജനതയുടെ യഹൂദ ജനതയുടെ ചരിത്രമെല്ലാം ഇത്രയും ഭംഗിയായിട്ട് പറഞ്ഞ് അതിനെ പുതിയ നിയമത്തിലെ വിശ്വാസ സത്യങ്ങളോട് ചേർത്തിണക്കി ഇത്ര ഭംഗിയായിട്ട് പറയാവുന്ന വേറൊരാൾ ആ കാലഘട്ടത്തിൽ ഒന്നാം നൂറ്റാണ്ടിലെ സഭയിലുള്ളതായിട്ട് നമുക്കറിഞ്ഞുകൂടാം അതുകൊണ്ട് പൗലോസ് തന്നെ ആയിരിക്കാം അത് അതുപോലെ തന്നെ നമ്മൾ ഇതിനെക്കുറിച്ച് പറഞ്ഞു വന്നപ്പോൾ പറഞ്ഞു ഇതൊരു പക്ഷേ ഒരു ലേഖനമായിരുന്നിരിക്കേയില്ല തുടക്കത്തിൽ അതെന്തായിരുന്നു തുടക്കത്തിൽ ഒരുപക്ഷേ പൗലോസ് നടത്തിയ ഒരു പ്രസംഗമായിരിക്കാം ഈ പ്രസംഗം ആണെന്ന് ഉള്ള നമ്മൾ പല കാര്യങ്ങൾ പറഞ്ഞു ഇത് അതിലേ ഒരു കാര്യം ഇപ്പോൾ കണ്ടോ ഇവിടെ എന്താ പറയുന്നത് ഇനി എന്ത് പറയേണ്ടു ഇനി ഞാൻ എന്താണ് പറയേണ്ടത് ഇനി ഞാൻ എന്താ പറയുന്നത് പൗലോസ് ഒരു രാത്രി മുഴുവൻ നീണ്ടു നിൽക്കുന്ന ഒരു വലിയ പ്രസംഗം നടത്തിയിരിക്കുക അങ്ങനെ ആ പ്രസംഗിച്ചാണല്ലോ യൂത്തിക്കോസ് ഒന്നും ചെറുപ്പക്കാരനെ തള്ളിയിട്ടത് അവൻ ചെറുപ്പക്കാരൻ അവന് വിചാരിച്ചു ആ ആ കേട്ട് കളയാ അവന് വിചാരിച്ചു പുള്ളിക്കാരൻ ഇരുന്നതാണ് പ്രസംഗം അങ്ങനെ നീണ്ടു നീണ്ടുപോയി ഈ ചരിത്രമൊക്കെ പറയുമ്പോൾ ഒത്തിരി പറയാനുണ്ട് കണ്ടില്ലേ ഇനി എന്തോ പറയാനുണ്ട് ഇവരെക്കുറിച്ചൊക്കെ പറയാൻ സമയം പോരാ സമയം പോരാ നേരം എടുക്കാനും സമയവും പോരാ ഇതെല്ലാം പറഞ്ഞ് തീർത്തും എനിക്ക് നേരം വിളിക്കുമ്പോൾ എനിക്ക് മിഷണറി യാത്ര തുടരേണ്ടതായിട്ടുണ്ട് എന്നുള്ള നിലയിൽ എന്തെങ്കിലും ആകട്ടെ എപ്പോഴേ അതൊരു പ്രസംഗമായിരിക്കാം ഏതായാലും തുടർന്ന് ഈ എബ്രാഹ് ലേഖനകാരൻ ആരെക്കുറിച്ചാണ് പറയുന്നത് ഗിദയോൻ ബാരക്കിംഷോൻ ഇബ്താഹ ദാവീദ് എന്നിവരെയും ശമുവൽ മുതലായ പ്രവാചകന്മാരെക്കുറിച്ചും വിവരിപ്പാൻ സമയം പോരാ ഇവിടെ കണ്ടോ വീണ്ടും ദൈവവചനം രാഹമെന്ന വേശിയെക്കുറിച്ച് പറഞ്ഞു എന്ന് പറഞ്ഞ് നമ്മൾ പറഞ്ഞെടുത്തുനിന്ന് പിന്നെയും ദൈവചനത്തിൽ അന്ന് ആ കനാൻ നാട്ടിലെത്തിച്ചേർന്നതിന് ശേഷം അവർക്ക് നേതൃത്വം കൊടുക്കാനായിട്ട് ദൈവം കാലാകാലങ്ങളിൽ എഴുന്നേൽപ്പിച്ച ചിലരെ കുറിച്ച് അവരുടെ പേരുകൾ മാത്രം പറഞ്ഞങ്ങ് പോവുക ചെയ്യുന്നു നേരത്തെ ഓരോരുത്തരെക്കുറിച്ച് പറയുമ്പോൾ ഓരോ സെൻറ്റൻസിലെങ്കിലും അവരുടെ വിശ്വാസത്തിൻ്റെ നിലപാടെന്തായിരുന്നു എന്ന് പറയുന്നുണ്ട് ഇവിടെ പക്ഷേ എന്താ ഇവിടെ സമയം പോരാ ഇതെല്ലാം പറഞ്ഞ് തീർക്കാനായിട്ട് ഒക്കുകയല്ല അതുകൊണ്ട് കേവലം ഇവരുടെ പേരുകൾ മാത്രം അങ്ങ് മെൻഷൻ ചെയ്തു പോവുക ഗിതയോൻ ബാരാക്ക് ശിംഷോ ഇബ്താഹ് ദാവീദ് ശമുവേദ് ഇവരെക്കുറിച്ചൊക്കെ പറയുമ്പോൾ ഇവരൊക്കെ ആരാ ഇവരുടെയൊക്കെ പ്രസക്തി എന്താ ഇവരെയൊക്കെ ദൈവത്തിൻ്റെ ആ പ്രവൃത്തിയിൽ ആ കാലഘട്ടത്തിൽ എന്തായിരുന്നു അവരുടെ സംഭാവന ഈ കാര്യങ്ങളെക്കുറിച്ചൊക്കെ നമ്മളൊന്ന് ചിന്തിച്ച് പോകുന്നത് വളരെ വളരെ വേഗത്തിൽ ഒന്ന് ചിന്തിച്ചു പോകുന്നത് നല്ലതായിരിക്കും ഗീതയോൻ ഗീതയോനെക്കുറിച്ച് നമ്മൾ ന്യായാധിപന്മാരുടെ പുസ്തകം ആറാം അധ്യായം മുതൽ എട്ടാം അധ്യായം വരെയാണ് നമ്മൾ വായിക്കുന്നത് ബാരാക്ക് ബാരാഖ് എന്നൊരാള് ബാരാക്ക് അത്ര പ്രശസ്തനല്ല പക്ഷെ ബാരാക്കിനെക്കുറിച്ചും രണ്ട് ഒന്ന് രണ്ട് അധ്യായങ്ങളിൽ നാല് വഞ്ചും ന്യായാധിപന്മാരുടെ പുസ്തകം നാല് അഞ്ചും പുസ്തകങ്ങൾ അധ്യായങ്ങളിൽ ബാരാക്കിനെക്കുറിച്ച് പറയുന്നുണ്ട് അത് കഴിഞ്ഞാൽ പിന്നെ പറയുന്നത് ഷിംഷോന ശിംഷോൻ താരതമ്യേനെ കുറച്ചുകൂടെ പ്രശസ്തനാണ് ശിംഷോൻ്റെ കാര്യം പതിമൂന്ന് മുതൽ പതിനാറ് വരെയുള്ള അധ്യായങ്ങൾ ന്യായ ന്യായാധിപന്മാരുടെ പുസ്തകം പതിമൂന്ന് മുതൽ പതിനാറ് വരെയുള്ള അധ്യായങ്ങളിൽ രേഖപ്പെടുത്തിയിരിക്കുന്നു ഇബ്താഹ് ഇഫ്താഹിനെക്കുറിച്ച് അതിൻ്റെ ഇടയ്ക്ക് പതിനൊന്ന് പന്ത്രണ്ട് അധ്യായങ്ങളിൽ രേഖപ്പെടുത്തിയിരിക്കുന്നു നമുക്ക് ഇവരെ മാത്രം നോക്കാം ഇവരുടെ പ്രത്യേകതകൾ എന്താണ് ഗിദയോൻ ബാരാക്ക് ശിംഷോൻ ഇഫ്താഹ് ഇവർ ദൈവം കനാൻ നാട്ടിലിവരെ കൊണ്ടുവന്ന് എത്തിച്ചു കനാൻ നാട്ടിലവരെ കൊണ്ടുവന്ന് എത്തിച്ചെങ്കിലും അവരെന്താ അവർ പലപ്പോഴും ദൈവത്തെ വിട്ടു പോകുന്ന ഒരു ജനതയായിട്ട് അവരുടെ ചുറ്റുപാടുമുള്ള പലരുടെയും ദൈവങ്ങളിലേക്ക് പോവുകയും അതിനെ തുടർന്ന് ആ ജാതികളുടെ അടിമകളായി തീരുകയും ചെയ്തുകൊണ്ടിരുന്ന ഒരു കാലഘട്ടത്തിൽ ദൈവം അവരെ നയിക്കാനായിട്ട് കാലാകാലങ്ങളിൽ എഴുന്നേൽപ്പിച്ച പ്രവാചകന്മാരാണ് അല്ലെങ്കിൽ നേതാക്കന്മാരാണ് ഗീതയോനും ബാരാക്കും ശിംഷോനും ഇപ്താവും നമ്മളീ കാര്യങ്ങൾ നോക്കുമ്പോൾ ന്യായാധിപന്മാരുടെ പുസ്തകം ആറു മുതൽ എട്ട് വരെയുള്ള അധ്യായങ്ങളിൽ ഗീതയോൻ അവർക്ക് നേതൃത്വം നൽകിയെന്ന് പറയുമ്പോൾ ഗീതയോൻ ഏതിൽ നിന്നായിരുന്നു ആരിൽ നിന്നായിരുന്നു ആരായിരുന്നു അന്ന് അവരെ ഭരിച്ചുകൊണ്ടിരുന്നത് അവർ മിഥ്യാൻ എന്ന് പറഞ്ഞ ജാതിക്കാരാണ് മിഥ്യ അവിടെ ബാരാക്ക് ആരെ ആരിൽ നിന്നാണ് ഇവരെ രക്ഷിച്ചത് കനാന്യരിൽ നിന്നാണ് രക്ഷിച്ചത് അതുപോലെ തന്നെ ശിംഷോൻ വന്നപ്പോഴോ ശിംഷോൻ ആരിൽ നിന്നാണ് ഇസ്രായേൽ മക്കളെ രക്ഷിച്ചത് ഫെലിസ്തീനിൽ നിന്നാണ് രക്ഷിച്ചത് ഇഫ്താഹോ ഇഫ്തോ ഇഫ്താഹ് അമോന്യരിൽ നിന്നാണ് ഇവരെ രക്ഷിച്ചത് നോക്കുക ദൈവം ഈ കനാൻ നാട്ടിലേക്ക് ഇവരെ കൊണ്ടുവന്നു കനൻ നാട്ടിലേക്ക് കൊണ്ടുവന്നെങ്കിലും അവരുടെ ചുറ്റും പല തരത്തിലുള്ള ജാതികളുണ്ട് അവരെ പൂർണ്ണമായിട്ട് നീക്കിക്കളയാനായിട്ട് അവർക്ക് കഴിഞ്ഞില്ല മിഥ്യാൻ ചില കാലഘട്ടത്തിൽ ശക്തി പ്രാപിച്ചിവരെ കീഴടക്കി മറ്റ് ചില ഘട്ടത്തിൽ കനാന്യർ ഇവരെ കീഴടക്കി മറ്റ് ചില ഘട്ടങ്ങളിൽ ഫെലിസ്തീന് കീഴടക്കി വേറെ ചില ഘട്ടത്തിൽ അമോന്യര് കീഴടക്കി പക്ഷേ ഇവരെന്തുകൊണ്ടാണ് ദൈവത്തിൻ്റെ ഈ ജനത ഇങ്ങനെ അന്യജാതിക്കാരാൽ കീഴടക്കപ്പെട്ടത് എന്തുകൊണ്ടാണ് കീഴടക്കപ്പെട്ടത് എന്തുകൊണ്ടാണോ നമ്മൾ ആ ഭാഗങ്ങളെടുത്ത് വായിച്ചാൽ നമുക്ക് കാണാനായിട്ട് കഴിയും ദൈവത്തിൻ്റെ എന്തായിരുന്നു ദൈവത്തിൻ്റെ താല്പര്യം ജനത തന്നോട് സ്പർശതയുള്ളവരായിട്ട് നിൽക്കണം ആ ബാലവൃദ്ധം ജനങ്ങൾ ആ ബാലവൃദ്ധം നമ്മളങ്ങനെ കാണുന്നുണ്ടല്ലോ ആ ബാലവൃദ്ധം എന്നു വച്ചാൽ ബാലൻ മുതൽ വൃദ്ധൻ വരെ എന്നാണ് ആ ബാലവൃദ്ധം ബാലൻ മുതൽ വൃദ്ധൻ വരെ ഉള്ളവർ ഇസ്രായേൽ ജനതയിലുള്ളവരെല്ലാം ദൈവത്തോട് വ്യക്തിപരമായിട്ട് ബന്ധപ്പെടുന്നവരും വ്യക്തിപരമായിട്ട് തന്നോട് സ്പർശതയുള്ളവരും തൻ്റെ കൽപ്പനകൾ അനുസരിക്കുന്നവരുമായി നിൽക്കണം എന്ന് ദൈവം ആഗ്രഹിച്ചു അങ്ങനെയാണ് ഇവരെ കൊണ്ടുവന്നത് എന്നാൽ ഇവരെന്താ ഇവർ പഴയ പലപ്പോഴും മത്സര സ്വഭാവം ഉള്ളവരായിരുന്നു ദൈവം അവരെ നടത്തിക്കൊണ്ടുവന്ന വിധങ്ങളെ ോർക്കാതെ അവരെ കൊണ്ടുവന്ന ഈ പാലും തേനും ഒഴുകുന്ന ദേശത്ത് അവരെത്തിച്ചേർന്നപ്പം അവരെ ദൈവം നടത്തിക്കൊണ്ടു വന്ന വിധങ്ങളെ ഓർക്കാതെ അന്ന് ചുറ്റുപാടുമുള്ള പല ജനതകളുടെ വിഗ്രഹങ്ങളിലേക്ക് ബാലിലേക്കും മറ്റ് പല വിഗ്രഹങ്ങളിലേക്കും ഇവരെ കടന്നു പോകുന്നതാ ച കാണുന്നു നമ്മൾ ഓർക്കണം നമ്മൾ ഓർക്കണം നമ്മളിത് നേരത്തെ പറഞ്ഞിട്ടുള്ളതാണ് ഏറ്റവും കൂടുതൽ വിഗ്രഹാരാധനയുള്ള ഒരു സ്ഥലം ഏതായിരുന്നു സ്ഥലമായിരുന്നു മിശ്രയിൻ ിസ്രൈ ഈജിപ്റ്റ് ഈജിപ്റ്റ് ഇന്നത്തെ നമ്മുടെ ഹൈന്ദവ സൗകര്മാരെ പോലെ ഇന്ത്യ രാജ്യം പോലെ ഒരു രാജ്യമാണ് ഇന്നും ഈജിപ്റ്റ് ഏതാണ്ട് അതുപോലുള്ള ഒരു സ്ഥലമാണല്ലോ പിന്നെ അത് കഴിഞ്ഞ് കാലഘട്ടത്തിന് ശേഷം ഇസ്ലാം മതം വന്നു കഴിഞ്ഞപ്പോഴാണ് കുറച്ചെങ്കിലും ഈ ബഹുദൈവ വിശ്വാസത്തിൽ നിന്ന് കുറച്ചെങ്കിലും അവർ മാറിയത് ഇസ്ലാമിന് എന്തെല്ലാം കുഴപ്പങ്ങളുണ്ടെങ്കിലും അതിൻ്റെ ഒരു പ്രത്യേകത എന്താണ് അവരെ ഈ മിഡിൽ ഈസ്റ്റിലെ ഈ യഹൂദ ക്രിസ്ത്യൻ മതങ്ങളിൽ നിന്ന് എടുത്ത ഏകദൈവ വിശ്വാസം ഒരളവിൽ അവർക്കുണ്ട് എന്നാൽ ഞാൻ പറഞ്ഞു വന്നത് മിസ്രൈമിനെ നോക്കുക മിസ്രൈമിൽ ഇവരായിരുന്നു അവിടെ ആയിരുന്നപ്പോൾ മിശ്രൈമിനെ സംബന്ധിച്ച് എന്താ കാണുന്നതെല്ലാം ദൈവം കാണുന്നതെല്ലാം ദൈവം ഒരു കാളെ കണ്ടു കുമ്പട കോളയുടെ നിപ്പ് ഇരിപ്പ് അതിൻ്റെ കൊമ്പോ അതിൻ്റെ നടപ്പോ പുള്ളിക്കാരനെ അങ്ങ് ദൈവമാക്കി കാളെ ഇന്നും നമ്മുടെ നമ്മുടെ നാട്ടിലും എന്തുണ്ട് കാളയൊക്കെ എഴുന്നള്ളിച്ചൂട് നടക്കി എല്ലാം പേടി തോന്നുന്നതിനെ എല്ലാം വിഗ്രഹം പാമ്പ് പഴയ ആളുകൾക്ക് പേടി അത് വന്ന് പാമ്പ് നിസാര ജീവിയാണെന്നേലും അത് കൊത്തിയാൽ ആളുകളുടെ ജീവൻ പോന്നു ഉടനെ പാമ്പിനെ എന്താക്കി ദൈവമാക്കി അതിന് പാലും നൂറുമൊക്കെ കൊടുത്ത് അതിനെ നോക്കുക ഈ പ്രാകൃത മനുഷ്യ മനസ്സിൻ്റെ ഒരു രീതിയാണ് പേടി തോന്നുന്നതിനെ എല്ലാം ആരാധിക്കുക മിന്നൽ മിന്നൽ വന്നപ്പം അതിന് തോന്നും അതിനൊരു പേര് കൊടുത്തു വരുണൻ മഴ ഭയങ്കര മഴ പെയ്ത് ദേശമെല്ലാം മുങ്ങുമ്പം അതിന് ഒരു ദേവൻ്റെ പേര് കൊടുത്ത് അതിനെ പ്രീതി എല്ലാം പേടി തോന്നുന്നതിനെല്ലാം ദൈവമാക്കി ആരാധിക്കുന്ന ഒരു രീതി ഇന്ത്യയിലുള്ളതുപോലെ തന്നെ ഉണ്ടായിരുന്നത് ആണ് മിശ്രമിലുണ്ടായിരുന്നത് ദൈവം ഈ ഇസ്രായേൽ മക്കളെ അവിടെ നിന്ന് പിടിപ്പിച്ചുകൊണ്ട് പോരുമ്പോൾ ദൈവം പ്രധാനമായിട്ടും പത്ത് ബാധകളിലൂടെ എന്താ ചെയ്തത് ഈ ഓരോ ഓരോ അവരുടെ ദൈവത്തിൻ്റെയും കഴിവില്ലായ്മ തെളിയിക്കുകയാണ് ചെയ്തത് എന്നാ പറയാറുള്ളു നമ്മളാ പത്ത് ബാധകൾ എടുത്തു നോക്കുമ്പോൾ ഏ വെള്ളം രക്തമായി വെള്ളം അവരെ സംബന്ധിച്ചിടത്തോളം ഇന്നും എന്തുണ്ട് സമുദ്ര നമ്മളും സമുദ്രത്തിന് എന്തുണ്ട് ദേവനൊക്കെ ഉണ്ട് ഇന്ത്യയിൽ അവിടെയും എന്തുണ്ട് അവർക്ക് നൈൽ നദിയുടെ തീരത്തായിരുന്നു അവരുടെ ജീവിതം നൈൽ അവരെ സംബന്ധിച്ചിടത്തോളം അവരെ സഹായിക്കുന്നവരും പേടിയുള്ളവരും രണ്ട് കൂട്ടരെയാണ് ദൈവങ്ങളാക്കുന്നത് അങ്ങനെ വെള്ളത്തിന് പ്രാധാന്യം കൊടുത്തപ്പം ഒരു സുപ്രഭാതത്തിൽ മോശം എന്ന് പറയുന്ന ഒരു ചെറുപ്പം ഒരാൾ വന്ന് വെള്ളം കോരി ഒഴിച്ചപ്പോൾ അതെന്തായിത്തീർന്നു ആ കുടിക്കാൻ കൊള്ളാത്ത രക്തമായി തീർന്നു വെള്ളം വെള്ളം ഞങ്ങളെ സഹായിക്കും എന്തെല്ലാം വന്നാലും ഈ നൈൽനദി ഞങ്ങളെ ചതിക്കുകയില്ല എന്ന് പറഞ്ഞ് അതിനെ ആരാധിച്ചുകൊണ്ടിരുന്നവരുടെ മുമ്പിൽ എന്തായിത്തീർന്നു ഈ വെള്ളം ദൈവത്തിൻ്റെ ഒന്നുമില്ലായ്മ പ്രകടമാക്കുകയാണ് ഒന്നാമത്തെ ബാധയിലൂടെ ഓരോ ബാധ നമ്മളങ്ങനെ എടുക്കുമ്പോൾ മൃഗവ്യാധി മൃഗങ്ങളെ വലിയ കാര്യമായിട്ട് കൊണ്ട് നടന്നു മൃഗങ്ങൾക്കെല്ലാം പെട്ടെന്ന് മോശം ഒരു ഇത് ചെയ്തപ്പോൾ അതിനെല്ലാം വ്യാധിയായി ഇതിൻ്റെ ഒന്നും ഒന്നുമില്ലായ്മയും അങ്ങനെ അങ്ങനെയാണ് ഈ പത്ത് ബാധകൾ നമ്മൾ നേരത്തെ പറഞ്ഞിട്ടുണ്ടെന്ന് തോന്നുന്നു പത്ത് ബാധകളും ഇവരുടെ ഓരോ ദൈവത്തിനെതിരെയുള്ള ദൈവത്തിൻ്റെ ന്യായവിധിയായിരുന്നു ആ ന്യായവിധയിലൂടെ ദൈവം ആരെ നോക്കിയത് മിസ്രൈമിയരെ നന്നാക്കാനാണോ നോക്കിയത് അല്ല ഇത്രയും നാൾ ഈ മിസ്രൈമിയരുടെ ഇടയിൽ നടന്ന് ഈ മിസ്രൈമിയരുടെ ജീവിത രീതി അല്ലെങ്കിൽ അവരുടെ ആരാധനാരീതിയുടെ ഒരു ഹാങ് ഓവർ കൈക്കൊണ്ടിട്ടുള്ള ഇസ്രായേൽ മക്കളെ അതിൽ നിന്ന് വിടുവിക്കാൻ വേണ്ടിയാണ് ദൈവം സത്യത്തിൽ ഈ ബാധകൾ ഓരോന്നും വായിച്ചത് അതിനെ ഒരു തിരിച്ചറിവോടെ നോക്കിക്കാണുന്ന ഇസ്രായേൽ മക്കളുണ്ടെങ്കിൽ കണ്ടേനേം അയ്യോ ഞങ്ങളീ മിസ്രൈമിൽ കണ്ട ദൈവങ്ങളൊന്നും ശക്തിയുള്ള ദൈവങ്ങളല്ല യഥാർത്ഥത്തിലുള്ള ദൈവം യഹോവയാണ് ദൈവം ഏകസത്യ ദൈവമേ ഉള്ളൂ എന്നവര് തിരിച്ചറിയുമായിരുന്നു അങ്ങനെ ആണവരെ വിടുവിച്ചു കൊണ്ടുവന്നത് വിടുവിച്ച് കൊണ്ടുവന്നപ്പോഴോ മരുഭൂമിയിലൂടെ നടത്തിയപ്പോഴോ മരുഭൂമിയിലൂടെ നടത്തിയപ്പോഴും അവർ പലരും എന്തായി തീർന്നു ചുറ്റുപാടുമുള്ള പല ജാതീയമായ ആചാരങ്ങളിലേക്ക് പോയി ഒടുവിൽ ഇവരെ കനാൻ നാട്ടിലേക്ക് കൊണ്ടുവന്നു അതിലെ അവിശ്വാസികളുടെ ഒരു തലമുറ മുഴുവൻ ചത്തൊടുങ്ങാൻ ദൈവം കാത്തുനിന്നു കണ്ടോ ദൈവത്തിൻ്റെ കരുണയും ദൈവത്തിൻ്റെ ഖണ്ഡിതവും റോമലേഖനത്തെ നമ്മളത് കാണുന്നുണ്ട് ദൈവത്തിൻ്റെ ഖണ്ഡിതവും കാണുക ദൈവത്തിൻ്റെ ദയയും കാണുക ദൈവം ഒരു വശത്ത് എന്താണ് ഖണ്ഡിതമുള്ളവനാണ് ഇസ്രായേൽ മക്കള് അവർ പറ അവരെല്ലാം കൂടെ നിലവിളിച്ചു ഞങ്ങളെ കൊല്ലാനായിട്ടാണ് കൊണ്ടുവന്നത് കേവലം ഈ മരുഭൂമിയിലെ പതിനൊന്ന് ദിവസം കൊണ്ട് നടന്ന് ഇവരെത്തി കനാനി കയറാൻ എല്ലാ കാര്യങ്ങളും ദൈവം ക്രമീകരിച്ചു കൊടുത്തപ്പം എല്ലാവരും കൂടെ പറയും വേണ്ട വേണ്ട വേണ്ട ഞങ്ങൾ എവിടെ പോകോളാം ഞങ്ങൾ അവിടെ മിസ്രൈമിൽ പോകോളാം എന്നിട്ട് അവിടെ ഇരുന്ന് നമ്മൾ വായിച്ചു നോക്കിയാൽ നമ്മൾ ചിരിച്ചു പോകും അവിടുത്തെ ചുറ്റുള്ളി അവിടുത്തെ ഓരോ കാര്യങ്ങൾ പറഞ്ഞ് ഏ വലിയ നൊസ്റ്റാൾജിയാണ് അവർക്ക് അയ്യോ അവിടെ അതുണ്ടായിരുന്നു ഇവിടെ ഉണ്ടായിരുന്നു എന്തായിരുന്നു അവിടെ എന്തുമായിരുന്നു അവിടെ ഈ പറവോൻ്റെയും മിശ്രയും മീറിൻ്റെയും ചാട്ടപാറാടി കൊണ്ട് രാവിലെ മുതൽ അർദ്ധരാത്രി വരെ അയ്യം വിളിക്കുകയായിരുന്നു അയ്യം വിളിച്ചതാണ് അയ്യം വിളി അവരങ്ങ് മറന്നുപോയി മറിച്ച് അവിടുത്തെ ഇപ്പം വന്നപ്പം അവിടുത്തെ ചുറ്റുള്ളിയൊക്കെയാണ് അവരുടെ ഇതൊക്കെ പോരായിരുന്നു വെള്ളരിക്ക ചുറ്റുള്ളി ഇതൊക്കെ ഞങ്ങൾ ഒരു നേതാവിനെ തിരഞ്ഞെടുത്ത് ഞങ്ങൾ തിരിച്ചു പോവുക തിരിച്ചു പോകുക എന്ന് പറഞ്ഞപ്പോൾ ദൈവം എന്ത് ചെയ്തു ദൈവം അവരോട് ഖണ്ഡിതമായിട്ട് ഇടപെട്ടു ഈ അവിശ്വാസികളുടെ ഈ ഒരു തലമുറ ചത്തൊടുങ്ങാതെ ഇവനെ ഒന്നും ഇനി എവിടെ പ്രവേശിപ്പിക്കുന്ന പ്രശ്നമില്ല കനാൻ നാട്ടിൽ പ്രവേശിപ്പിക്കുന്ന പ്രശ്നമില്ല എന്ന് ദൈവം തീർത്ത് അവർ മുഴുവൻ ചത്തൊടുങ്ങിക്കഴിഞ്ഞ് അടുത്ത തലമുറയാണ് ഇവിടെ കനാലിൽ പ്രവേശിപ്പിച്ചു കനാലിൽ പ്രവേശിപ്പിച്ചപ്പോഴും ഇവരെന്തു ചെയ്തു അവിടെ ആ ജാതികളെ പൂർണ്ണമായിട്ട് നീക്കിക്കളയാതെ ഇരുന്നതുകൊണ്ട് പതുക്കെ മിഥ്യാന്യരുടെയും കനാന്യരുടെയും ഫിലിസ്തീനരുടെയും അമൂന്യരുടെയും ഒക്കെ ദൈവങ്ങളിലേക്ക് അവരുടെ ഹൃദയം ചാഞ്ഞപ്പോൾ ദൈവത്തിൻ്റെ കണ്ണിതമ്പിൻ്റെയും ദൈവം എന്തു ചെയ്തു അവരെയൊക്കെ ആ കാലാകാലങ്ങളിൽ ഇവരുടെ ആ ശിക്ഷണത്തിന് ഏൽപ്പിച്ചു കൊടുത്തു ഇവരുടെ അടിമകളാക്കി ഏൽപ്പിച്ചു കൊടുത്തു അങ്ങനെ ഏൽപ്പിച്ചു കൊടുത്തപ്പം മിഥ്യാന് പരിക്കപ്പെട്ട് ഇവരയ്യം വിളിച്ച ഒരു സമയത്താണ് ദൈവം ആരെ എഴുന്നേൽപ്പിക്കുന്നത് നമ്മളിവിടെ പറഞ്ഞ ഗീതയോനെ എഴുന്നേൽപ്പിക്കുന്നു പ്രിയപ്പെട്ടവരെ ഇതിൽ നമ്മൾ എടുക്കേണ്ട പാഠം എന്താ നമ്മൾ കേവലം ഇസ്രായേൽ മക്കളുടെ ചരിത്രം പറഞ്ഞു പോവുകയല്ല മറിച്ച് നമ്മളെടുക്കേണ്ട പാഠം എന്താ ദൈവം ചിലപ്പോൾ നമ്മുടെ ജീവിതത്തിൽ വ്യത്യസ്തമായ സാഹചര്യങ്ങൾ അനുവദിക്കും ചിലപ്പോൾ കഷ്ടങ്ങളിലൂടെ ഒക്കെ കടന്നു പോയതിനു ശേഷം ചിലപ്പോൾ പാലും തേനും ഒഴുകുന്ന പോലെ ഒരു ജീവിത സാഹചര്യത്തിലേക്ക് കൊണ്ടുവന്നിരിക്കും ഞാനത് കണ്ടിട്ടുണ്ട് നമ്മുടെ ഇവിടെ തന്നെ ചിലർ വരുമ്പം ബ്രതറെ എല്ലാം കുഴപ്പമോ എല്ലാം പ്രശ്നമോ ജോലിയില്ല ഭാര്യയ്ക്ക് സുഖമില്ല കുഞ്ഞുങ്ങൾ അങ്ങനെയാ ഇങ്ങനെയാ എന്നെല്ലാം പറഞ്ഞ് നമ്മളിതുപോലെ നിലവിളിച്ച് കർത്താവേ ഞങ്ങളുടെ പ്രിയ സഹോദരൻ വേറെ ആരുമില്ലേ നീയേ ഉള്ളേന്നൊക്കെ പറഞ്ഞ് നമ്മളെല്ലാവരും കൂടെ നിലവിളി ഒടുവിൽ എന്തോ ഒടുവിൽ ദൈവം എന്ത് ചെയ്യും ദൈവം കരുണയുള്ളവനായതുകൊണ്ട് ആ അവസ്ഥകളൊക്കെ നീക്കിക്കൊടുക്കും സഹോദരന് ജോലിയായി സഹോദരിയുടെ പ്രശ്നം മാറി കുഞ്ഞുങ്ങളൊക്കെ പഠിച്ചു ജോലിയായി ഗൾഫിൽ പോയി വിസ കിട്ടി അവിടുന്ന് പണമൊക്കെ ഡ്രാഫ്റ്റൊക്കെ വരാൻ തുടങ്ങി പുള്ളിക്കാരൻ്റെ ഇപ്പോഴത്തെ ഉദ്ദേശം എന്താ ഓരോരുത്തരുടെ ഏ കുടമാളൂരിനീ എവിടെയൊക്കെ സ്ഥലം വയ്ക്കാനുണ്ട് പോയി പുതിയ പുതിയ സ്ഥലങ്ങളുമൊക്കെ വാങ്ങിച്ച് അവിടെ ഒക്കെ ആയി കഴിയുമ്പോൾ എന്താ ഇപ്പം ദൈവത്തോടെ പഴയ ആ സ്പർശതയില്ല ഇപ്പം ദൈവമില്ലെങ്കിലും എനിക്ക് ജീവിക്കാം എന്നുള്ള നില വരുമ്പോൾ ദൈവത്തിൻ്റെ കണ്ണിതമ്പുരും പ്രിയപ്പെട്ടവർ ഇത് വേറെ ആൾക്കു വേണ്ടിയല്ല പറയുന്നത് നമുക്ക് വേണ്ടി തന്നെയാണ് നമ്മുടെ കാര്യങ്ങളൊക്കെ മെച്ചമായി ദൈവം അനുവദിക്കും ദൈവം നമ്മളെ പല സാഹചര്യങ്ങളിലൂടെ നടത്തും നടത്തുമ്പോൾ നമ്മളെന്ത് എന്തോർത്തോണം നമ്മൾ നമ്മളെ വെട്ടിയെടുത്ത ആ കരിഗർഭത്തിലേക്കും കുഴിച്ചെടുത്ത ആ ആ പാറയിലേക്കും നമ്മളെ വെട്ടിയെടുത്ത പാറയിലേക്കും കുഴിച്ചെടുത്ത കരിഗർഭത്തിലേക്കും നമ്മൾ കൂടെ കൂടെ നോക്കിക്കൊണ്ടിരിക്കണം ഞാൻ ആരായിരുന്നു എനിക്കെന്താ യോഗ്യത എന്നെ ദൈവം എങ്ങനെ കൊണ്ടുവന്നു എൻ്റെ മെച്ചം കൊണ്ടാന്നു എൻ്റെ മെച്ചം കൊണ്ടാന്നു എനിക്കെൻ്റെ മെച്ചമാണോ പറയാനുള്ളത് ദൈവമേ നിൻ്റെ കരുണയാണ് നിൻ്റെ വീട്ടിൽ ഞാനങ്ങ് പോവുകയില്ല എന്നുള്ള ഒരു നിലപാടിൽ നമ്മൾ നിൽക്കണം നിന്നില്ലെങ്കിൽ നമ്മൾ എന്തു ചെയ്യും പറ്റും നമ്മൾ ഈ ഗിത ഈ ഇവർക്ക് പറ്റിയതുപോലെ മിഥ്യാന് കനാന്യർക്കും ഫെലിസ്റ്റീർക്കും അമൂന്യർക്കുമൊക്കെ അടിമകളായിപ്പോവും എന്ന് പറഞ്ഞാൽ എന്താ ഈ മിഥ്യാൻ എന്തിനെ പ്രധാനം ചെയ്യുന്നു അന്നത്തെ ലോകത്തിലെ പല നേട്ടങ്ങളെ പ്രധാനം ചെയ്യുന്നു പണം പണം നമ്മൾ നമുക്ക് പണം വേണ്ടേ പണം വേണം നമുക്ക് ജീവിക്കണ്ടേ ജീവിക്കണം പക്ഷേ നമ്മൾ പണത്തെ നമ്മൾ ഉപയോഗിക്കുകയാണ് അല്ലാതെ പണം നമ്മളെ പരിക്കുകയല്ല വേണ്ടത് എല്ലാ കാര്യവും ഇവിടെ ഉള്ള ഈ കാര്യങ്ങളെല്ലാം നമുക്ക് ലോകത്ത് ടൈമൊരു ജോലി തന്നു പക്ഷേ എല്ലാ കാര്യത്തെക്കുറിച്ചും നമ്മൾ എന്താ വേണ്ടത് നമ്മളിതിൻ്റെ അകത്ത് നേരത്തെ വായിച്ചു ലോകം അവർക്ക് യോഗ്യമായിരുന്നില്ല നമുക്കിവിടെ ഒത്തിരി രണ്ട് തരത്തിൽ നമ്മളെ പരി പരീക്ഷിക്കും ഒന്ന് നമ്മളെ പീഡിപ്പിച്ച് നമ്മളെ നിരാശപ്പെടുത്തി നമുക്ക് ദുഃഖങ്ങളുടെ മേൽ ദുഃഖങ്ങളും നിന്ദകളും പരിഹാസങ്ങളും ഒക്കെ കൊണ്ടുവരും അന്നേരവും നമ്മൾ ആരെ വിടരുത് ദൈവത്തെ വിടരുത് രണ്ടന്ത് സംഭവിക്കും ഓ നമ്മളെ എല്ലാവരും എഴുന്നള്ളിച്ച് ആ ഇവിടെ കുടമാളൂരിൻ്റെ അഭിമാന സ്തംഭം എന്നൊക്കെ പറഞ്ഞ് പഞ്ചായത്ത് മെമ്പറും ഒക്കെ കൂടി പൊന്നാടിയൊക്കെ തരാനുള്ള അന്നേരവും എന്തോ വിചാരിച്ചോണം ഇതൊന്നും ഇതൊന്നും ഞാൻ ഈ നാട്ടുകാരനല്ല നമ്മൾ കൂടെ കൂടെ പറയുന്ന പോലെ ഒരു ഔട്ട്സൈഡർ കോംപ്ലെക്സ് നമ്മൾ കൊണ്ടുനടക്കണം ഈ ഔട്ട്സൈഡർ എന്ന് പറഞ്ഞാൽ എന്താ നമ്മൾ ഒരിടത്താണേലും അവിടെ അല്ല നമ്മളിവിടെ ഈ കേരളത്തിൽ ഇവിടെ തന്നെ ഇവിടെ ഇന്ന ജോലി നോക്കുക ആളുകളെല്ലാം കൂടെ വലിയ ഇതൊക്കെ പറയുന്നുണ്ട് പക്ഷെ അതെല്ലാം അതെല്ലാം പ്രശംസകളുമെല്ലാം നമ്മളെക്കുറിച്ച് നടക്കുമ്പോൾ തന്നെ നമ്മളെന്തല്ല നമ്മളിവിടത്തുകാരല്ല നമ്മൾ ഈ നാട്ടുകാരല്ല ഔട്ട്സൈഡർ ഒരു ഔട്ട്സൈഡർ കോംപ്ല ഈ നമ്മളീ പറഞ്ഞ അബ്രഹാം ഇസാഖ് യാക്കോബ് ഇവരുടെ എല്ലാം ഒരു പൊതു എന്തായിരുന്നു അവരെ അവരവർക്ക് വാഗ്ദാനം ചെയ്ത ദേശത്ത് അവരെ ദൈവം കൊണ്ടുവന്ന് എത്തിച്ചത് പക്ഷേ അവർ ആ ദേശത്ത് എന്ത് ചെയ്തു അങ്ങോട്ടും ഇങ്ങോട്ടും അവർ ഈ ദേശക്കാരല്ലെന്നുള്ള വീട്ടിൽ അവിടെ പരദേശികളെപ്പോലെ ജീവിച്ചു പ്രിയപ്പെട്ടവർ ഞാൻ പറഞ്ഞു വന്നത് അപ്പോൾ നമ്മുടെ അവസ്ഥ മാറും മാറുമ്പോഴും നമ്മൾ എന്തായി പോകരുത് ഈ നാട്ടുകാരായി പോകരുത് നമ്മുടെ ലോകം ഇതല്ല നമ്മൾ ഈ നാട്ടുകാരല്ല എന്നുള്ള ബോധ്യം ഉണ്ടാവണം അപ്പോൾ നമുക്കിതിലേക്ക് മടങ്ങി വരാം ഇവരെന്തു ചെയ്തു ഇങ്ങനെ വന്നപ്പം മിഥ്യാൻ ഇവരെ ഭരിച്ചപ്പോഴാണ് ഗീതയോൻ ഗീതയോൻ രംഗത്ത് ഗീതേവനായിരുന്നു ആരായിരുന്നു ന്യായദേവന്മാരുടെ പുസ്തകം ആറ് മുതൽ എട്ട് വരെയുള്ള അധ്യായങ്ങൾ നമ്മൾ നോക്കിയാൽ നമുക്ക് കാണാനായിട്ട് കഴിയും അതെല്ലാം എടുത്ത് വായിച്ചാൽ നമുക്ക് തീരുകേയില്ല എന്തായിരുന്നു അവിടെ തുടക്കം എന്തായിരുന്നു അവിടെ ഈ ഗീതയോ ദൈവത്തിൻ്റെ ഇപ്പോഴത്തെ പ്രവർത്തന പദ്ധതിയിൽ ഒരു പ്രധാനപ്പെട്ട ആളായിട്ട് ഗീതേവനെ ഇവിടെ പറയുന്നു പക്ഷേ ഗീതയുടെ ചരിത്രം നമ്മൾ ന്യായദേവന്മാരുടെ പുസ്തകം ആറ് മുതൽ എട്ട് വരെ വായിക്കുമ്പോൾ അങ്ങനെ തോന്നുമോ ഇല്ല ഒരു പാവത്താന് ഓ ഓ തങ്ങളെ പരിച്ചുകൊണ്ടിരുന്ന വിദ്യാന്യരൊന്നും കാണാതെ എങ്ങാണ്ട് പാത്തു നിന്ന് ചില കോതമ്പുള്ളത് മെതിച്ചുകൊണ്ടിരിക്കുമ്പോഴാണ് ദൂരം വരുന്നത് നമ്മൾ പലപ്പോഴും വലിയ വിശ്വാസ വീരന്മാർ എന്നൊക്കെ പറയുന്ന ആളുകൾ ദൈവം അങ്ങനെ പേര് കൊടുത്തിട്ടുള്ള ആളുകൾ അവരുടെ കഥകളെ അടുത്ത് നിന്ന് കാണുമ്പോൾ നമ്മൾ നോക്കുമ്പോൾ അങ്ങനെ വലിയ വിശ്വാസത്തിൻ്റെ വീര്യമൊന്നും നമ്മൾ കാണുകയില്ല നമുക്ക് വീര്യം എന്നൊക്കെ പറഞ്ഞാൽ നമുക്ക് എന്താ തോന്നുന്നു ഓ എന്ത് വന്നാലും കുലുങ്ങാതെ വലിയ ഏ കാര്യത്തിലും എല്ലാത്തിനെ വളരെ വ്യക്തതയോടെ ഒക്കെ നിൽക്കുന്ന ആളുകളാണ് വളരെ ദൈവത്തോടെ ഏതാണ്ടോ പ്രത്യേക ഹോട്ട് ലൈനൊക്കെ ഉണ്ട് എല്ലാം ചോദിച്ച് ഏത് കാര്യത്തിനും എല്ലാം മറുപടിയുണ്ട് അങ്ങനെയല്ല അങ്ങനെയല്ല നമ്മളെന്താ ഈ നിക്ഷേപം എവിടാ പകർന്നേക്കുന്നത് മൺപാത്രത്തിലാണ് പകർന്നേക്കുന്നത് ഏത് വിശ്വാസവീരൻ്റെ അടുത്ത് നമ്മൾ ചെന്ന് നോക്കിയാലും നമ്മൾ എന്ത് കാണണം ഈ മൺപാത്രവും കാണണം ഈ നിക്ഷേപവും കാണണം നമ്മൾ പലപ്പോഴും വിശ്വാസവീരൻ എന്ന് വിചാരിച്ച് നിക്ഷേപം മാത്രമേ ഉള്ളെന്നാണ് വിചാരിക്കുന്നത് അങ്ങനെയല്ല നിക്ഷേപം എവിടെ പകർന്നിരിക്കുന്നു മൺപാത്രത്തിലാണ് പകർന്നിരിക്കുന്നത് അതാണ് ദൈവത്തിൻ്റെ കരുണ ദൈവത്തിൻ്റെ പ്രവൃത്തി അതാണ് ഗിദേവനെ കുറിച്ചാണല്ലോ നമ്മൾ പറഞ്ഞു വരുന്നത് ഗിതേവൻ എന്തായിരുന്നു ഗിദേവനൊരു സാധു ഒരു പാവം വലിയ വിശ്വാസവീരനായിട്ടൊന്നും നമുക്ക് തോന്നുകയില്ല അവരെ ഭരിച്ചോണ്ടിരുന്ന മിഥ്യാന്യരെ പേടിച്ച് അങ്ങനെയാണ് അവിടെ വായിക്കുന്നത് നമ്മൾ ന്യായദേവന്മാരുടെ പുസ്തകത്തിൽ ആ പാകമൊന്നു നോക്കാം ന്യായദേവന്മാരുടെ പുസ്തകം അതിൻ്റെ ഗീതവിനെ കുറിച്ച് പറയുമ്പോൾ അതിൻ്റെ ആറാം അധ്യായത്തിൽ ആറാം അധ്യായത്തിൻ്റെ പതിനൊന്നാമത്തെ വാക്യാനന്തരം യഹോയുടെ ഒരു ദൂതൻ വന്ന് ഓഫ്രിയിൽ അഭിയേസികനായ യോവാശിൻ്റെ കരുവേലകത്തിൻ കീഴിലിരുന്നു അവൻ്റെ മകനായ ആരുടെ മകൻ യോവാശിൻ്റെ മകനായ ഗിതയോൻ കോതമ്പ് മിഥ്യാന്യരുടെ കയ്യിൽ പെടാതിരിക്കേണ്ടതിന് മുന്തിരിച്ചക്കൻ അരികെ വെച്ച് മെതിക്കുകയായിരുന്നു അപ്പോൾ ദൂതം വന്ന് പറഞ്ഞു ദൂതം വന്നത് ഒരൊറ്റ പ്രസ്താവനയാണ് പരാക്രമശാലിയെ ആ കൊള്ളാം പരാക്രമശാലിയെ യഹോ നിന്നോടുകൂടെ ഉണ്ട് എന്നാണ് ദൈവത്തിൻ്റെ ദൂതൻ്റെ പ്രസ്താവന ഉടനെ തന്നെ മറുപടി ആ ശരിയാണ് ഞാനൊരു പരാക്രമശാലിയാണ് എന്നുവല്ലോ കോളറൊക്കെ പിടിച്ചിട്ട് മറുപടി പറയുന്നതായിട്ടാണോ നമ്മൾ കാണുന്നത് അല്ല അല്ല നമ്മളൊരു വലിയ ഒരു വിശ്വാസവീരനെ കാണാനായിട്ട് ചെല്ലുക ചെല്ലുമ്പോൾ ഈ വിശ്വാസവീരൻ എന്താ പറയുന്നത് അയ്യോ യജമാനെ യഹോ നമ്മുടെ കൂടെ ഉണ്ടോ ഉണ്ടായിരുന്നെങ്ങനെ വല്ലതും പറ്റുമായിരുന്നു ഉദാഹരണത്തിന് എൻ്റെ കാര്യം തന്നെ നോക്ക് ഞാനെൻ്റെ അപ്പൻ്റെ ചെറിയ കോതമ്പുണ്ട് അത് അത് മെതിക്കാനായിട്ട് ആ അത് മെതിക്കാനായിട്ട് ഇവരുടെ കയ്യപ്പെടാതെ പാത്തു നിന്ന് ഇത് ചെയ്തുകൊണ്ടിരിക്കുക ഏഹ് ഇതിനെല്ലാം കാര്യം നമ്മൾ ഒന്നും പറയണ്ട നമ്മുടെ തന്നെ നമ്മുടെ തന്നെ കുഴപ്പമാണ് നമ്മൾ നമ്മുടെ പിതാക്കന്മാരും നടത്തിക്കൊണ്ടു വന്ന ദൈവത്തെ പിൻപറ്റി നിന്നിരുന്നെങ്കിൽ ഇത് വലിയ സംഭവിക്കുമായിരുന്നു അതിന് നമ്മൾ എന്തോ ചെയ്തു നമ്മുടെ ദൈവത്തെ ഉപേക്ഷിച്ചു ഉപേക്ഷിച്ചുകൊണ്ട് ദൈവം എന്തോ ചെയ്തു നമ്മളെ മിഥ്യാന്യരുടെ കയ്യിൽ ഏൽപ്പിച്ചു എന്നെല്ലാം ഉള്ള പാടും ദുരിതവും എല്ലാം ഇദ്ദേഹം പറയുക ഏ നോക്കെ ഒരു സാധാരണ മനുഷ്യനെയാണ് കാണുന്നു ഞാൻ പറഞ്ഞ മൺപാത്രത്തെയാണ് നമ്മൾ കാണുന്നത് മൺപാത്രത്തെയാണ് പ്രിയപ്പെട്ടവര് ഇതെന്തിനാണ് പറയുന്നത് നമ്മൾ പലപ്പോഴും നമ്മളെ ദൈവം എന്തിനാണ് വിളിച്ചേക്കുന്നത് ദൈവം നമ്മളെ എന്താണ് വിളിച്ചേക്കുന്നത് ഇവിടെ ഇരിക്കുന്ന നമ്മെ ഓരോരുത്തരെയും ഈ കാലഘട്ടത്തിലെ വിശ്വാസവീരന്മാരായിട്ടാണ് വിളിച്ചേക്കുന്നത് ഗീതയോൻ ഭാരാക്ക് എന്നൊക്കെ പറയുന്നിടത്ത് നാളെ ദൈവത്തിൻ്റെ ചരിത്രത്തിൽ രേഖപ്പെടുത്തേണ്ട ആളാണ് വർഗീസ് കുര്യൻ എന്നൊക്കെ പേര് വരട്ട ആളുകളാണ് നമ്മൾ പക്ഷേ നമ്മളെ നോക്കുമ്പോൾ എന്താ അയ്യോ നമ്മളാരാ നമ്മളൊന്നുമില്ല ആ അത് കാണുമ്പോൾ നമ്മൾ വിചാരിക്കരുത് നമ്മൾ വിശ്വാസവീരന്മാരല്ല എന്ന് വിചാരിക്കരുത് നമ്മുടെ മൺപാത്രത്തെ കണ്ട് നമ്മൾ നിരാശപ്പെട്ടു പോകരുത് ദൈവം എന്താ ഈ നിക്ഷേപം വിശ്വാസം നിക്ഷേപം ഒരു മൺപാത്രത്തിലാണ് വെച്ചത് നമ്മൾ നമ്മളായിരിക്കുന്നിടത്ത് ദൈവത്തിൻ്റെ പ്രവൃത്തിയെ മുന്നോട്ട് കൊണ്ടുപോകാനായിട്ട് ഗിദേവനെ വിളിച്ചതുപോലെ ദൈവം വിളിച്ചിരിക്കുക ദൈവം നമ്മുടെ നോട്ടത്തിൽ അയ്യോ യജമാനനെ ഞാനാര ഞാനൊരു സാധു എന്നൊക്കെ നമ്മൾ പറയുമെങ്കിലും ദൈവമെന്തുവാ വിളിക്കുന്നത് പരാക്രമശാലി പരാക്രമശാലി ഇവിടെ ഇരിക്കുന്ന ഓരോരുത്തരെ നോക്ക് ഇവിടെ ഇരിക്കുന്ന നിങ്ങൾ നിങ്ങളുടെ നമ്മൾ നമ്മുടെ പലപ്പോഴും നമ്മൾ ദൈവസന്നിധിയിലും നമുക്ക് നമ്മളെക്കുറിച്ച് തന്നെ ഒരു വലിയ മതിപ്പില്ലാത്തത് കൊണ്ട് നമ്മൾ ഒരു വശത്തത് വളരെ നല്ലതാണ് അപ്പോൾ തന്നെ നമ്മൾ ഇറങ്ങി നമ്മുടെ ചുറ്റുപാടുകളിൽ നമ്മുടെ ആളുകൾ പലരും വലിയ ആളുകൾ ഉണ്ടായിട്ട് നമ്മൾ നമ്മുടെ ബന്ധങ്ങളും നമ്മുടെ കുടുംബ ഇതുമെല്ലാം വിട്ട് ദൈവത്തിനായിട്ടൊരു നിലപാടെടുത്ത് ഇറങ്ങുക എന്ന് പറഞ്ഞത് സത്യത്തിനൊരു പരാക്രമശാലിക്കേ ചെയ്യാനൊക്കെയുള്ളൂ ഇവിടെ ഇരിക്കുന്ന പലരെ ഓർക്കുമ്പോൾ ഞാനിങ്ങനെ വണ്ടിയിലുമൊക്കെ പോകുമ്പോൾ നിങ്ങൾ സൗരന്മാരെയും സൗകര്യമാരെയും പലരെ ഓർക്കുമ്പം ഞാൻ പലപ്പോഴും ദൈവത്തെ സ്തുതിച്ചിട്ടുണ്ട് ദൈവമേ എന്തോ എന്തൊരു നിലപാട് നിങ്ങൾക്കാർക്കും അങ്ങനെ തോന്നുകയില്ല നിങ്ങളൊക്കെ എന്തു ഓ നമ്മളെന് അങ്ങനെയല്ല അങ്ങനെയല്ല പരാക്രമശാലികൾ തന്നെയാണ് പരാക്രമശാലികൾ തന്നെയാണ് ഇടയ്ക്കിടയ്ക്ക് നമ്മൾ നമ്മുടെ മൺപാത്രത്തെ കാണുമ്പോൾ നിരാശപ്പെട്ടു പോകരുത് ഇടയ്ക്ക് നമുക്ക് ചിലപ്പോൾ നമുക്ക് എന്തുണ്ടാകാം ഇതുപോലുള്ള ഇവിടെ ഇതാ ഈ ഗിദേവൻ പറയുന്ന പോലെ പാടും ദുരിതമൊക്കെ പറയുന്ന ചില അനുഭവങ്ങളുണ്ടാകാം പക്ഷേ ദൈവം അതിനെ കാണുന്നില്ല അതിൻ്റെ അപ്പുറത്ത് നമ്മുടെ നമ്മുടെ തനിമയിൽ ദൈവം നമ്മളെ കണ്ട് നമ്മളെ വിശ്വാസവീരന്മാരായിട്ട് എണ്ണും എന്നുള്ള ഒരു ധൈര്യത്തിൻ്റെ ഒരു വചനം കൂടെ ഇവിടെ നിന്ന് എടുക്കാനായിട്ടാണ് ഞാനിത് പറഞ്ഞത് ഞാൻ പറഞ്ഞത് നോക്കുക ഗീതയം ബാരാക്കിനെക്കുറിച്ച് പറയുമ്പോഴോ ബാരാക്ക് അടുത്ത് പറയുന്നത് ബാരാഖാണല്ലോ ഈ ബാരാഖ് ആരാ കഥ അതിൻ്റെ ന്യായധീപന്മാരുടെ പുസ്തകം നാലും അഞ്ചും അധ്യായത്തിലെഴുതിയിരിക്കുന്നു ആ കാലഘട്ടത്തിൽ ദൈവം രാജാക്കന്മാരില്ലായിരുന്നു ദൈവത്തിൻ്റെ ആഗ്രഹം ഇസ്രായേൽ ജനതയ്ക്ക് എന്ത് വേ ഒരു രാജാവ് അരുതെന്നായിരുന്നു രാജാവ് വേണ്ട എന്തുകൊണ്ടാണ് ഒരു രാജാവ് വേണ്ടെന്ന് ദൈവം ആഗ്രഹിച്ചത് ദൈവം ആഗ്രഹിച്ചതിൻ്റെ കാര്യം നമ്മൾ മുമ്പേ പറഞ്ഞ കാര്യമാണ് ആ ബാലവൃദ്ധം എല്ലാവരും ആരോട് ബന്ധപ്പെട്ടിരിക്കണം ദൈവത്തോട് ദൈവമാണ് ഞങ്ങളുടെ രാജാവ് എന്നുള്ള നിലയിൽ നിൽക്കണം പക്ഷേ ചിലപ്പം കാര്യങ്ങൾ മുന്നോട്ട് നടത്താനും അല്ലെങ്കിൽ ഒരു നേതൃത്വം നൽകാനും ദൈവം കാലാകാലങ്ങളിൽ ആരെ എഴുന്നേൽപ്പിക്കാം ഒരു പ്രവാചകനെ ഒരു നേതാവിനെ എഴുന്നേൽപ്പിക്കാം അയാളുടെ ആശുശ്രൂഷ കഴിഞ്ഞിട്ട് അയാൾ ഇല്ലാതാകുന്നു പിന്നീട് കുറച്ച് നാൾ കഴിയുമ്പോൾ വേറൊരു ആവശ്യം വരുമ്പോൾ വേറൊരു നേതാവിനെ എഴുന്നേൽപ്പിക്കുന്നു അങ്ങനെ വന്നാലും ഇവരുടെ താല്പര്യം ആരോടല്ല ഈ നേതാവിനോടല്ല കാര്യം ഇന്ന് ഇന്ന് വരുന്ന നേതാവിൻ്റെ മകനല്ല അടുത്ത നേതാവ് മറ്റെവിടുന്നോ വേറൊരാളാണ് ഇവിടെ തന്നെ നമ്മൾ നോക്കുക ഗിതയോൻ്റെ മക്കളൊന്നുമല്ല പിന്നെ മുന്നോട്ട് വന്നത് ഇബ്താഹ് ആരാ ഇബ്താഹ് ഒരു വേശ്യാപുത്രനാണ് എവിടുന്നോ പലരംഗത്തു നിന്ന് പലരെയാണ് ദൈവം എടുക്കുന്നത് അപ്പം അങ്ങനെ വരുമ്പോൾ ഈ ഇസ്രായേൽ ജനതയ്ക്ക് എന്ത് വരികയില്ല ഏതെങ്കിലും ഒരു കുടുംബത്തോട് ഒരു രാജവംശത്തോട് എന്ത് വരികയില്ല അവരോടൊരു കടപ്പാട് വരികയില്ല എല്ലാം അവരെ അവരെ കാലാകാലങ്ങളിൽ നയിക്കാൻ ദൈവം പല ആളുകളെ എഴുന്നേൽപ്പിച്ചു എന്ന് പറഞ്ഞാലും അവർ ആത്യന്തികമായിട്ട് ആരോടകടപ്പെട്ടിരിക്കുന്നത് ദൈവത്തോടകടപ്പെട്ടിരിക്കുന്നത് ആ ഒരു കാര്യം നടത്താൻ വേണ്ടിയാണ് ദൈവം എന്താഗ്രഹിച്ചത് ഇവർക്ക് രാജാവ് വേണ്ട എന്നായിരുന്നു ദൈവത്തിൻ്റെ ഹിതം ദൈവത്തിൻ്റെ പൂർണ്ണ ഹിതം അതായിരുന്നു എന്നാൽ എന്തോ ചെയ്തു നമുക്കറിയാമല്ലോ ചരിത്രം അറിയാം മുന്നോട്ട് വന്നപ്പോൾ ഇങ്ങനെ ഈ പ്രവാചകന്മാരേ കൂടെ അല്ലെങ്കിൽ നേതാക്കളിലൂടെ ഇതാ ന്യായാധിപന്മാരുടെ പുസ്തകത്തിലെ യോശോയുടെ പുസ്തകത്തിൽ രൂപത്തിൻ്റെ കാലഘട്ടത്തിലൊക്കെ ഇങ്ങനെ നടത്തിക്കൊണ്ടു വന്നു നടത്തിക്കൊണ്ടു വന്ന് ചമുകലിൻ്റെയൊക്കെ ഘട്ടം കഴിഞ്ഞപ്പം ഇസ്രായേൽ ജനതയെല്ലാം കൂടെ ചമുകിൻ്റെ അടുത്ത് എന്ന് പറഞ്ഞു എൻ്റെ പൊന്നുടേതേ ഞങ്ങൾക്ക് എന്തോ വേണം ഞങ്ങൾക്ക് ചുറ്റുപാടുമുള്ള ജാതികൾക്കുള്ളതുപോലെ ഞങ്ങൾക്കൊരു രാജാവ് വേണം അപ്പോൾ ഇവരുടെ നോട്ടോ എങ്ങോട്ടാണ് ചുറ്റുപാടുമുള്ള ജാതികൾ അവർ നോക്കിയപ്പോൾ കൊള്ളാം ഈ ദൈവത്തിൻ്റെ പരിപാടിയിൽ എന്തില്ല ഒരു വ്യവസ്ഥയൊന്നുമില്ല ചിലപ്പോൾ ഒരാളെ എണ്ണിപ്പിക്കും ചിലപ്പോൾ കുറച്ച് നാളത്തേക്ക് ആരുമില്ല ചുരുക്കത്തിൽ ഞങ്ങൾക്കൊരു ഒരു വ്യക്തതയില്ല അതേസമയം ജാതികളെ നോക്ക് ജാതികൾക്കെല്ലാം രാജാക്കന്മാരുണ്ട് അവർക്കൊരു രാജാവിനെ പ്രീതിപ്പെടുത്തി നിന്നാൽ മതി അടുത്ത രാജാവിൻ്റെ മോനുണ്ടാകുമ്പോൾ അദ്ദേഹത്തിന് പോയി ജയജയെ പാടി ആ മോനെ സേവിച്ച് നിന്നാൽ അടുത്ത ആൾ വരുമ്പോൾ ഇങ്ങനെ അങ്ങ് ഒരാളെ സേവിച്ച് നിന്നാൽ അതിൻ്റെ അകത്തൊരു വ്യക്തി വ്യക്തതയുണ്ട് വ്യക്തതയുണ്ട് അതിന് പേരെ ദൈവത്തിൻ്റെ പരിപാടിയിലൊരു വ്യക്തത കുറവുണ്ട് പ്രിയപ്പെട്ടവർ ഇത് നമ്മളും ഓർക്കണം ഇന്നത്തെ കാലഘട്ടത്തിൽ ഇന്നത്തെ കാലഘട്ടത്തിൽ ഓർക്കുക ഈ എപ്പിസ്കോപ്പൽ രീതി ഞാൻ ഒന്ന് പറഞ്ഞ് പോവുക എങ്കിലും പറഞ്ഞു വരുമ്പോഴാണല്ലോ പറയാം ഇന്ന് തന്നെ സഭ സഭ എന്ന് പറയുന്ന ഈ സംവിധാനം ഈ സംവിധാനത്തിൽ ദൈവം എങ്ങനെയാണ് കാര്യങ്ങൾ വെച്ചേക്കുന്നത് നമ്മൾ ഒന്നാം നൂറ്റാണ്ടിലെ സഭയെ നോക്കുക ഒന്നാം നൂറ്റാണ്ടിലെ സഭയിൽ ദൈവം തന്നെ ആളുകളെ എഴുന്നേൽപ്പിക്കുക ചെയ്യുന്നത് എഴുന്നേൽപ്പിക്കുന്നു ഒരു പൗരോഹിത്യം രാജ രാജ്യത്വം പോലെ തന്നെയാണ് പൗരോഹിത്യം അങ്ങനെ ഒരു കാര്യമല്ല ദൈവത്തിൻ്റെ ഇതിലുള്ളത് ഒരു പ്രാദേശിക സഭയുണ്ടെങ്കിൽ ആ പ്രാദേശിക സഭയിൽ അതിൻ്റെ കാര്യങ്ങൾ നോക്കാൻ അവിടെ ഉള്ളവരെല്ലാം സഹോദരന്മാരാണ് ആരും രാജാവല്ല ആരും എന്തല്ല രാജാവല്ല എല്ലാവരും രാജകീയ രാജാവുമാണ് പുരോഹിതന്മാരുമാണ് പിന്നെ കാര്യങ്ങളുടെ നടത്തിപ്പിന് ദൈവം ആരെങ്കിലും എക്സോ വയ്യോ ഒരാളെ തൽക്കാലത്തേക്ക് ഗിദേവനെ ഉപയോഗിച്ച പോലെ ബാരാക്കിനെ ഉപയോഗിച്ച പോലെ ഉപയോഗിക്കുന്നെങ്കിലും നമുക്ക് ആത്യന്തികമായിട്ട് നമ്മൾ ആരോടാണ് കടപ്പെട്ടിരിക്കുന്നത് വലിയവനായ ദൈവത്തോട് തന്നെ ആ കടപ്പെട്ടിരിക്കുന്നത് അല്ലാതെ ദൈവത്തിനും നമുക്കും ഇടയിൽ ഒരു രാജാവോ പുരോഹിതനോ ഉണ്ടാകരുത് ഇതാണ് ഇന്നും പുതിയ നിയമത്തിലും ദൈവത്തിൻ്റെ ആഗ്രഹം ഇതാണ് പക്ഷേ നമ്മുടെ നമ്മളുടെ ആളുകളെല്ലാം കൂടെ എന്തോ ചെയ്തേക്കുന്നു ഓ ഇത് വലിയ പാടാണ് ഞങ്ങൾക്ക് ഞങ്ങളെ നടത്താൻ ഒരു പാസ്റ്റർ ഉണ്ടെങ്കിൽ കൊള്ളാം എന്താ ഒരു കൊച്ചിനെ ഒന്ന് പരീക്ഷയാണ് പരീക്ഷ വരുന്നവണ് കൊച്ചിനെ വന്ന് പ്രാർത്ഥിച്ചു വിടണം മോളെ കാണാൻ ഒരാൾ വരുന്നു അതിന് പ്രാർത്ഥന ഒരു ഒരു ഒരാൾ നമുക്ക് പകരം നമുക്ക് ദൈവത്തോടെ ഇടപെടാനും നമുക്ക് പിന്നെ പാടാം എന്താ നമുക്ക് വേറെ പോയി ബിസിനസ് നടത്തണം മറ്റു പല കാര്യങ്ങൾക്ക് വേണ്ടി പോകണം നമുക്ക് സമയവും ഒരാളെ നമുക്ക് പകരം ഇതിന് ഫുൾ ടൈമായിട്ട് അങ്ങ് നിയമിച്ചേക്കാം ഇതിൻ്റെ അകത്ത് എന്തോ കിടപ്പുണ്ട് ഈ ഇസ്രായേൽ മക്കൾക്ക് പറ്റിയ ഒരു ചതി അതിൻ്റെ അകത്ത് കിടപ്പുണ്ടെന്നാണ് ഞാൻ പറയാൻ വന്നത് പോട്ടെ നമ്മുടെ വിഷയം അതല്ല എങ്കിലും നമ്മൾ ഓരോ കാര്യങ്ങൾ കാണുമ്പോൾ ഇതിൽ നിന്ന് ദൈവത്തിൻ്റെ താല്പര്യം എന്തായിരുന്നു ഇവർ ദൈവത്തോട് ബന്ധപ്പെട്ട് നിൽക്കണമെന്നായിരുന്നു പക്ഷേ അങ്ങനെ വരുമ്പോൾ എപ്പോഴും ഒരു അവ്യവസ്ഥ ഒരു വ്യക്തതയില്ലായ്മയുണ്ട് ഒരു വ്യക്തത ഇല്ലായ്മയുണ്ട് അതിനേക്കാളും സൗകര്യമെന്താ ഒരു രാജാവ് ഉള്ളതാ സൗകര്യം ചെന്ന് രാജാവിനോട് രാജാവ് കാര്യങ്ങളും ചെയ്തോളും രാജാവ് എല്ലാം ചെയ്തോളും നമ്മളൊന്നും അറിയണ്ട നമുക്ക് നമ്മുടേതായ പരിപാടിയൊക്കെ ആയിട്ടങ്ങ് നടക്കാം കണ്ടോ ഇസ്രായേൽ മക്കൾ വന്നിട്ട് പറഞ്ഞു ഞങ്ങൾക്ക് വേണം ഞങ്ങൾക്കും വേണം ഒരു രാജാവിന് ഉടനെ ദൈവം എന്തോ ചെയ്തു ശരി ഇവന്മാരൊന്നും നന്നാകുന്ന മട്ടൊന്നുമില്ല ഷമുഖൽ ഷമുഖല ആ ഭാഗമൊക്കെ നിങ്ങളെടുത്ത് വായിച്ചാൽ കാണാൻ ദൈവം ദൈവത്തിൻ്റെ ഹൃദയം ഷമുഖലിനോട് പറയുന്നതും ഒക്കെ ഷമുഖല് വിഷമിക്കുന്ന